<laughs> േ മധുദ്ധസാനംഭാ आदित्यो ോ ദമു ത്യൗരേവ തിരസ്തീനവശോ अपूपो മരീചേ പുത്ര ചോസ്മയോ മധുനാട്യേദവ പുഷ്പമൃത ആപ തേച്ചേം തപ്ത യശസ്തേജ്രിം അദ്യം രസോ അജായതരത് തതിയത് തദ്വേദ ആദിത്യ ൂപം അഥ എ ദക്ഷിണാരശ്മയാ തക്ഷിമധുനട യജൂംഷ്യമുഹതോ യജുഷ്പമൃത ആപ ജൂംഷി ഏതം യജും അഭ്യതപിതപ്ത യശസ്തേജ്രിം വീര്യം വരസോ അജായത തദ്ക്ഷരം अभि अश्रय त आदि शुक्ल अथ यत्यजोर तवा प्रतीच्यो मधुनाठ्य साम मधुत सव അമൃത ആപഹ താല് വേതം സാമവേദം അഭ്യതപിതപ്ത യശസ്തേജ്രിം വീതി അന്നദ്യം രസോജായ തക്ഷര തധോ അശ്രയൻ തദ്താദിത്യ കൃഷ്ണം ൂപ്പം അഥ എ ഉദഞ്ജോ രശ്മയ സുദീച്ചോ മധുനട അധുർവാഗരസ മധുക്ക ഹാസപുരാണം പുഷ്പ അമൃതേ വാ എ അഥർവാംഗിരസാസപുരാണമഭ്യതപ തതപ്ത യശസ്തേജ്രിം വീര്യദ്യം വിരസോ അജായ തന്വ്യക്ഷര തദ്ദേശ പരം കൃഷ്ണം റിപ്പം അഥ എ ഊർധ്വാശ്മയൂർ മധുനട ഗുഹ്യ മധുഗോ ബ്രഹ്മ പുഷ്പ അമൃത അപഹ തേ വേഹ്യ ആദ്യതപിതത്തെ വീര്യം അന്നദ്യം രസോ അജായതരത് തയൻ തദ്ദൻ യോഭദൈവ തേത്തെ രസ വേദിരസാമേത്തെ രസ താഴെ വേതമേ അമൃത തോമേതൃത്തയത് പ്രഥമമൃതം തദ്വ ഉപജീവന മുഖേന ശൃംബന്തി എത്തേദാ അമൃതം ദൃഷ്ട തൃപ്യത്തി അഭിസംവിശി എതസ്മാതുദ്യ സ എതേവമൃതം വേദ പശൂനോ ഭൂനുഖേന ഏതം ദൃഷ്ട തൃപ്യത്തി സ എതേ ൂപം അഭിസംവിശി യസ്മാദുത്തെതിയാവരസ്ുത്തെ പശ്ചാസ്തമേത പശൂനമേ തവത് ആധിപത്തി സ്വരാജ്യം പരിത അഥ വിയമൃതം തദ്ദ്ര ഉപജീവന്തി ഖേനേവാ നിബന്തിമൃതം ദൃഷ്ട തൃപ്യത്തിയ സ എതദമൃതം വേദ രുദ്രാണമേവ ൂറ്റമൃതം ദൃഷ്ടത്തി സാവ പുരസ് ഉദയത പശാദസ്തമേതാവിത ഉദയത ഉത്തരത് അസ്തേത രുദ്രാണമേ തവധിപത്യ സ്വരാജ്യം പരിത അഥ ൃമൃതം താദിത്യാവജീവത്തിനുഖേനേവാശ്ചനദിനബന്തിമൃതം ദൃഷ്ടി മൃതം വേദ ആദിതോ ഭൂ പണേനുഖേനം തൃപ്യത്തി ഏതസ്മാ ഉോ ദക്ഷിണത ഉദയത ഉത്തരദ അസ്തമേത ദിസ് തവത് പശാത പുരസ്തമേത ആദിത്യാമേ തധിപത്യ സ്വരാജ്യം വരിയേത അഥ യഥമൃതം തന്ദ്ത ഉപജീവൻ സോമേനുഖേനേവാ അശ്രന്തിന് പിബന്തി അമൃതം ദൃഷ്ട തൃപ്യത്തിയ സ എന്തേ മരുതേകോ ഭൂ സോമ്യേ മുഖ്യ അമൃതം ദൃഷ്ട തൃപ്യത്തി സ എതേ റൂപം അഭിസംവിശതി എതസ്മാതുതി സ യാവസ്ഥാത പുരസ്താസ്ഥേത ദിസ്താവുത്തരതേത ദക്ഷിണത്തേത മരിതമേ താവത് ആധിപത്യ സ്വരാജ്യം പര്യേത അഥയമൃതം തത്സ്യ ഉപജീവതി ബ്രഹ്മണ മുഖേന വൈ ദിനിബി സമൃതം വേദ സമേവേകോ ഭൂമണവ മുഖേന തൃപ്യതി സ ഏതൂപം അഭിസംവിശതി ഏതസ്മാദൂപുദേതി സാവ ഉത്തരദ ഉദേത ദക്ഷിണത് അസ്ഥേത ദിസ്താവൂർധമുദേത അർവാ തധ്യന താത്പത്തി സ്വരാജ്യം പരിയേത അധ തധം देवो देता ോദേതേത എകലൈവമധ്യസ്ഥ ശ്ലോക നൈതത്രോ നോദീയാഹം സത്യനമാരാധിഷീ ബ്രംമണേതി നസ് ഉദേതി നംോോചെ സൃദ്ധിവാഹേവാസ്മൈഭവതി എന്തോപനിഷദം വേദ തേതബ്രഹ പ്രച പ്രജപതിർമ്മേ മനുഃപ്രജാഭ്യേത उद्दारय आने ज्येष्ठा पुत्रा पिता ब्रह्मदाव्युत्रा पिता ब्रह्मया प्रण्याय वेवासी वा न्यस्में कस्में यद्यप्यस्मा ഇമാമദ്ധി പരിഗ്രഹീതം ധനസൂർണ ഏതേവേ തോഭൂയേതോഭൂയ ഗായത്ീവാദം ഭൂതം സിച്ച് വാഗായീ വാഗ്വായുദം ഭൂതം ത്രാതെ ചാ വയസാ ഗായത്രീയ വാവസേ भूदं ഭൂതം പ്രതിഷ്തം എന്തവതിശീയത്തെ ാ വൈ സാ പൃഥി വസ്ൻപുരുഷേ ശരീരം അമൻഹി മേ പ്രാണൃതിഷിത നൃതിസീയേ യുരുഷേ ശരീരമിതം വാ തദം अस्तपुर हृदय अस्तिष्ठिता यदे नतिशीयुष्पा षड्धा गायत्री तदेजाभ्यन तावानस्य महिमा തദോജാസ് പൂരുഷ പാദ്യ സർവാഭൂത്തമൃദം ദിവൈ തദ്ീദംബാവ തോയ ബഹൃദ്ധാദകോ വൈ സഹൃ പുരുഷാദക അയം വാവസ യോയന്ധ ആകോ അന്ധപുരുഷ ആകും അന്തൃദയാശേർ അപ്രവൃത്തി പൂർണത്തിനിഭതേ യംവേദ തൊട്ടു മുമ്പ് പറഞ്ഞത് ഗായത്രിയെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നതിനാണ് പറഞ്ഞത് അഭാഗങ്ങൾ പ്രാധാന്യമില്ലാത്തതല്ല പക്ഷെ അവിടെ നിന്നും വിശദീകരണം ആവശ്യമെന്ന വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഇവിടെ ആ ഗായത്രി രൂപത്തിലുള്ള ബ്രഹ്മം അതിന്റെ പല വിശേഷതകളെ കുറിച്ച് പറയും താവാനസ്യ മഹിമ താവാനസ്യ ഗായത്രി രാഖ്യസി ബ്രഹ്മണ സമസ്തസ്യ മഹിമ ഈ ഭൂതിർവിസ്താര ആ ഗായത്രി ബ്രഹ്മത്തിന്റെ ഗായത്രി ബ്രഹ്മസ്വരൂപമായി ഗായത്രി ഉപാസിക്കുക അതാണ് പറഞ്ഞത് അതിന്റെ വിഭൂതി വിസ്താരം അത് പറയുന്നു വ്യാമാൻശ ചതുഷ്പാദ്വിധ ബ്രഹ്മണോ വികാര പാദോ ഗായത്രി വ്യാഖ്യാതുമ്പ് പറഞ്ഞു നാല് പാദങ്ങളിലാണ് ഷഡ്വിധത്തിലാണ് ബ്രഹ്മവികാരമാണ് ഗായത്രി എന്നല്ല പറഞ്ഞു അതാരലക്ഷണാത് ഗായത്രിയാഖ്യാത് വാചാരംഭമാത്രാ തൻ മഹത്തരസ്ത്ഥസത്യസ്വരൂപാരൂപത്തിലാണ് ഗായത്രി ഗായത്രി എന്ന് പറയുന്ന ഛന്ദസ് ആണ് ആ ഛന്ദസ് ല മന്ത്രമായതുകൊണ്ടാണ് മന്ത്രത്തിനും ഗായത്രി എന്ന് പേര് വന്നത് ആ ഗായത്രി അതെന്താണ് വാചാരംഭണം ശബ്ദ രൂപത്തിലുള്ളതാണ് മന്ത്ര തോ ജാന് ആ ഗായത്രിയെക്കാൾ ശ്രേഷ്ഠമാണെന്ത് മഹത്തരസ് പരമാർത്ഥ സത്യസ്വരൂപോ അഭികാരസ്യ മഹിമാ ഇതുവരെ ഗായത്രിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു ഇനി തദോ ജായാംരുഷ അതിനേക്കാൾ ശ്രേഷ്ഠനാണ് പുരുഷൻ പുരുഷൻ സർവപൂരണ പുരിശൈന സർവത്തെയും പൂർണമാക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സർവ പുരികളിനെ ശയിക്കുന്നതുകൊണ്ട് തസ്യസ്യ പാദ സർവാഭൂണി ഭൂതാനി തേജോപന്നാദീനി സ്ഥാപര ജംഗമാനി അതിൻ്റെ ഒരു പാദം മാത്രമാണ് ഒരു പാദം അതിന് നാലായി ഭാഗിച്ചു ൃതം പുരുഷാഖ്യം സ്വാത്മന്യാവസ്ഥിതം ത്രിപാദശ്യാമൃതം ദേവി എന്നാ പുരുഷന്റെ കൃത്യമായി നാലായി ഭാഗിച്ച് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചം എന്നല്ലേ ഈ പ്രപഞ്ചം ആ പുരുഷനെ സംബന്ധിച്ച് തുച്ഛമാണ് പുരുഷൻ പൂർണനായി പുരുഷാഖ്യം അത് പൂർണനായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് മുക്തനായി സ്ഥിതി ചെയ്യുന്നു അതിന്റെ താല്പര്യം എന്താണ് പുരുഷൻ ആ സംസാരം മുക്തനാണ് ആ പുരുഷന്റെ ഏകദേശത്തിൽ മാത്രമാണ് ഈ സംസാരം സ്ഥിതി ചെയ്യുന്നത് ഈ സംസാരത്തിന് പുരുഷനെ ബന്ധിക്കാൻ കഴിയില്ല ഈ സംസാരം പുരുഷനെ സംബന്ധിച്ച് കുച്ഛമാണ് അത് ആ പുരുഷന്റെ പൂർണതയെ ബന്ധിക്കുന്നില്ല സാധാരണ ചിന്തിക്കും ഈ പുരുഷൻ പൂർണനാണ് മുക്തനാണ് നിത്യമുക്തനാണ് അങ്ങനെയാണെങ്കിൽ പുരുഷന് എന്തുകൊണ്ടിതൊക്കെ സംഭവിച്ചു അതിനെന്താ ഹേതു എങ്ങനെ സംഭവിക്കുന്നു പൂർണതയിലെങ്ങനെ ഈ അപൂർണത സംഭവിക്കുന്നു സാധാരണ ചോദിക്കേണ്ട ചോദ്യം സമാനം പറയുന്ന എന്താണോ ഈ അപൂർണത ഈ അപൂർണത അനുഭവിക്കുന്ന ജീവനാണ് ഈ അപൂർണത വലിയ ചോദ്യചിഹ്നമായിരിക്കുന്നത് ഈ അപൂർണത ഒരു വലിയ പ്രശ്നമായിരിക്കുന്നത് അപൂർണത എങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യങ്ങളെല്ലാം അപൂർണതയിലേ ഉള്ളൂ അപൂർണതയിലാണെങ്കിലോ ഈ അപൂർണത തുച്ഛമാണ് അവിടെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ല പൂർണ്ണതയിൽ എങ്ങനെ അപൂർണതയുണ്ടായി പൂർണതയെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ അവിടെ അപൂർണതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുണ്ട് അപൂർണതയിൽ നിൽക്കുമ്പോഴോ ഈ ചോദ്യങ്ങൾക്കൊന്നും സമാധാനമുണ്ട് പുരുഷൻ തന്റെ വാസ്തവ സ്വരൂപം സദാ ഈ സംസാരത്തിൽ നിന്നും മുക്തമാണ് തൃപാദസ്യ അമൃതം ദേവി അമൃതം അത് മുക്തമായി തന്നെയിരിക്കുന്നു എന്നാലും അജ്ഞത കൊണ്ട് എന്ത് ചെയ്യുന്നു പൂർണ്ണമായും കരുതുന്നു താൻ പൂർണമായും മുക്തമായിരിക്കെ പൂർണ്ണമായും ബദ്ധനാണെന്ന് കരുതുന്നു അതിനു വേണ്ടിയിട്ട് ഈ ഭാഗത്തെ ഭാഷകാലം പല ഭാഗങ്ങളും ഉദ്ധരിക്കും ത്രിപാദസ്യാമൃതം ദേവി എന്ന് പറയുന്ന ഭാഗത്ത് പുരുഷ സൂത്രത്തിൽ ഇതുവരെ യദ്വൈ തദ് മുമ്പ് പറഞ്ഞു ആ ഗായത്രി രൂപത്തിലുള്ള ആ പുരുഷൻ ആ പുരുഷൻ തന്നെയാണ് ഇത് സർവവുമായിരിക്കും ഗായത്രി എന്ന് പറയുന്നത് കേവലം ഒരു ഛന്തസോ അല്ലെങ്കിൽ ആ ഛന്തസിലുള്ള മന്ത്രമോ ഈ പ്രപഞ്ചം മുഴുവൻ ഗായത്രിയാണ് എന്തുകൊണ്ട് അതാ പുരുഷൻ തന്നെയാണ് പാദങ്ങളായി ഗായത്രി പാദരൂപത്തിലുള്ള പുരുഷനായി സർവത്തെ ഉപാസിക്കാനാണെന്നുമ്പോൾ പറഞ്ഞത് അത് തന്നെ ഇവിടെ വിശദീകരിക്കുന്നു തദ്വീ തത്രിപാദമൃതം ഗായത്രി മുഖേന ഉക്തം ഗായത്രി രൂപത്തിൽ പറഞ്ഞു ബ്രഹ്മ ഇതം അവഹർ പുരുഷാദ് പുറമേ കാണുന്ന ഈ ആകാശം അതാ ഗായത്രി തന്നെയാണ് എന്തുകൊണ്ട് ആ ഗായത്രി തന്നെയാണ് പുരുഷനായിരിക്കുന്നത് പുരുഷൻ തന്നെയാണ് ആ ഗായത്രി ആയിരിക്കുന്നത് അതുകൊണ്ട് കാണുന്ന ഈ ആകാശം അത് ആ ഗായത്രി തന്നെ എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ തന്നെയാണ് ശരീര ആകാശ യോവുരുഷ ആകാശ ഇനി ഉള്ളിൽ കാണുന്ന ആകാശം പുരുഷന്റെ ഉള്ളിലുള്ള ഈ ആകാശം അതും ആ ഗായത്രി തന്നെ പുരുഷ ആ ഗായത്രി തന്നെ അയംവസോയം അന്തർഹൃദയേ ഹൃദയ പുണ്ഡരീകാശ അന്തർഹൃദയാകാശം മറ്റേ ശരീരത്തിനുള്ളിലുള്ള ആകാശം മറ്റു ഹൃദയാകാശം അങ്ങനെ മൂന്ന് തരത്തിൽ പറയുന്നു ഒന്ന് പുറമെയുള്ള ആകാശം മറ്റൊന്ന് ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആകാശം ഹൃദയാകാശം ഗതമേകാശ്യ ത്രിതാഭ്യത എങ്ങനെ ഒരാകാശത്തിന് മൂന്നെന്ന് പറയാൻ കഴിയും ഉച്ചതേ ബാഹ്യേന്ദ്രി വിഷയ ജാഗ്രതസ്ഥാനി നബസി ദുഃഖബാഹുല്യം ദൃശ്യത്തെ അതു അന്ധശരീരെ സ്വപ്നവസ്ഥൂത്തെ മന്ദതരം ദുഃഖം ഭൂതി സ്വപ്നൻ പശ്യത്തോ ഹൃദയസ്ഥേ പുനർ നാമം കാമയത്തിന കശ്യതി അതുഃഖനിവൃത്തിരുപം ആകാശം സുഷുപാനം അതോയുക്തമേകിത്രൃഥേദന്ഖ്യാന ഇവിടെ നിന്ന് പുറമെയുള്ള ആകാശം മറ്റ് ശരീരത്തിന്റെ ഉടലുള്ള ആകാശം ഹൃദയാകാശം എന്നെല്ലാം പറഞ്ഞല്ലോ ഒരാകാശത്തെ ഇങ്ങനെ മൂന്നായി വീഴ്ച ആ പറഞ്ഞതിന്റെ താല്പര്യം പറയുന്നു ബാഹ്യേന്ദ്ര വിഷയം ജാഗ്രതസ്ഥാനേ നഭസി ദുഃഖബാഹുല്യം ദൃശ്യത്തെ ഉണർന്നിരിക്കുമ്പോൾ എന്താണ് ബാഹ്യേന്ദ്ര വിഷയമായിരിക്കുന്ന ഈ ആകാശം ഇത് തന്നെ ഈ ലോകം ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ഈ ലോകം എല്ലാം ആകാശം തന്നെ എന്നാ പറയുന്നത് ഇനി ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു ആകാശത്തിലാണ് സംഭവിക്കുന്നു ആകാശം സർവത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നു എല്ലാത്തിനെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് ആകാശം ഇപ്പം ഇവിടുത്തെ വാ കായ മനോവ്യാപാരങ്ങളെല്ലാം ആകാശം തന്നെ ചെറു ആകാശമയമായിരിക്കുന്നു ഇവിടെ അനുഭവിക്കുന്നതുമെല്ലാം ആകാശം തന്നെ നമ്മൾ സാധാരണ ശബ്ദസ്പർശ രൂപരിച്ച ഗന്ധമൊന്നും അഞ്ചായി അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളായി ഇതിനെ വേർതിരിക്കുമെങ്കിലും ഇതെല്ലാം ഒന്ന് തന്നെ ഏകമായ ആകാശം തന്നെ അതുകൊണ്ടാണ് ആകാശത്തിൽ നിന്നിതെല്ലാം ഉണ്ടായി എന്ന് ജാഗ്രത അനുഭവം അനുഭവം എന്ന് പറഞ്ഞെന്താണ് എല്ലാത്തിനും ഉൾക്കൊണ്ട് നിൽക്കുന്നു ആകാശം എന്താണ് ഇന്ന് എല്ലാത്തിനും ഉൾക്കൊണ്ട് നിൽക്കുന്നു ഈ ശരീരം ഉൾക്കൊണ്ട് ജാഗ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശരീരം ഇവിടെ നിൽക്കുന്നു ആകാശം ജാഗ്രത അനുഭവിക്കുന്ന മനസ്സെവിടെ നിൽക്കുന്നു ആകാശം മനസ്സിനൊരാധാരം വേണമല്ലോ എവിടെയായി ചലിച്ചുകൊണ്ടിരിക്കുന്നു അത് ആകാശം പ്രാണനവിടെ ചലിക്കുന്നു ആകാശം ഇതെല്ലാം ജാഗ്രത അനുഭവിക്കുന്ന സർവ്വവും ആകാശത്തിലാണ് ഈ അനുഭവം തന്നെ ആകാശമാണ് അവിടെ ദുഃഖബാഹുല്യം ദൃശ്യതമായ ദുഃഖം ഉണ്ട് സുഖ ദുഃഖ സമ്മിശ്രമാണ് അതുകൊണ്ട് സുഖത്തെയും ദുഃഖം എന്ന് ചേർത്ത് പറഞ്ഞു ദുഃഖബാഹുല്യം കഥ അന്ധശരീരെ സ്വപ്നസ്ഥാന ഭൂതേ മന്ദതരം ദുഃഖം ഭൂതേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ അന്ധശരീരെ അന്ധശരീരം എന്ന് പറയുന്ന ഇവിടെ എന്താണോ ഈ ശരീരം കീറിമുറിച്ചവർ കാണുന്ന ഉള്ളെന്നല്ല സ്വപ്നസ്ഥാന ഭൂത്തി സ്വപ്നസ്ഥാനം സ്വപ്നം എവിടെയാ നൽകുന്നത് അതും ആകാശത്തിലാണ് സ്വപ്നത്തിൽ ബാഹ്യമുണ്ട് ഉള്ളുണ്ട് സ്വപ്നത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട് അനുഭവിക്കുന്നവനുള്ള അനുഭവമുണ്ട് ഇതെല്ലാം ഇവിടെ ഇതെല്ലാം ഒരു ആകാശത്തിലാണ് ആകാശേ അതിന് എന്തുകൊണ്ട് ആകാശം എന്ന് പറയുന്നത് ആകാശം അവകാശം ഏതൊന്നിനാണോ സർവത്തിനും നിലനിൽക്കാൻ ഇടം കൊടുക്കുന്നതാണ് ആകാശം അതുകൊണ്ടാണ് ഈ അനുഭവം തന്നെ സ്വയം ആകാശം എന്ന് പറയുന്നത് ഒന്ന് സ്വപ്നാകാശം ഒന്ന് ബാഹ്യാകാശം സ്വപ്നാകാശം അന്തരാകാശം ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അവിടെ എന്താണ് മന്ദതരം ദുഃഖം പോകുന്നത് അവിടെ ജാഗ്രത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ദുഃഖം മന്ദതരമാണ് എന്തുകൊണ്ട് ജാഗ്രത പോലെ അത് തീവ്രമല്ല അതുകൊണ്ട് സ്വപ്നാൻ പശ്യത്തു ഇനി അമൻ തന്നെ ഹൃദയസ്ഥേ പുനർനബസി കമങ്കാമേതെ കഞ്ചന സ്വപ്നം പശ്യത്തി അഥവാ സർവ്വദുഃഖനിവൃത്തി രൂപമാകാശം സുഷിക്തസ്ഥാനം ഇനി ആ സ്വപ്നം കാണുന്ന തന്നെ ജാഗ്രതവൻ ദുഃഖം അനുഭവിക്കുന്നു സ്വപ്നത്തിൽ ദുഃഖം കുറഞ്ഞു പക്ഷെ അവിടെ തന്നെ ഇനിയൊരാകാശമുണ്ട് അവിടെ എന്താണ് ന കഞ്ചന കാമങ്കാമേത് ന കഞ്ചന സ്വപ്നം പശ്യതി സുഷുപ്ത സ്ഥാനം ഏകീഭൂതം മുമ്പ് പറഞ്ഞു അത് സർവദുഃഖനിവൃത്തി രൂപം മുക്തരൂപം സർവ്വദുഃഖ നിവൃത്തി സംഭവിക്കുന്ന ഒരു സ്ഥാനം ആകാശം അതെന്താണ് സുഷുപ്ത സ്ഥാനം സുഷൃപ്തി എങ്ങനെയാണ് ഇവിടെ പറയുന്നത് സർവ്വ ദുഃഖം നികുതി അവിടെ ജാഗ്രതയില് ഈ തീവ്രമായ ദുഃഖമില്ല സ്വപ്നത്തിന്റെ മന്ദമായ ദുഃഖങ്ങളില്ല സർവദുഖവും നിവർത്തിച്ച സുഷുപ്ത സ്ഥാനം മൂന്നാമത്തെ ആകാശം ഇത് മൂന്നനുഭവങ്ങളാണ് അതോയുക്ത വ്യക്തി ഭേദാന് അതുകൊണ്ട് ഒന്നിനെ തന്നെ മൂന്നായി പറയുന്നത് ശരി തന്നെയാണ് അപ്പോൾ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ കേവലം ഭൂതാകാശം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് മറിച്ച് ഈ അനുഭവം തന്നെ ആകാശം മൂന്നനുഭവതലങ്ങൾ ജാഗ്ര സ്വപ്ന സുഷു ഈ മൂന്ന് അനുഭവ തലങ്ങൾ മൂന്നാകാശം അത് മൂന്നും വ്യത്യസ്തമായി പക്ഷെ അതിന് ഏകമായൊരു സ്വഭാവം ഉണ്ടെന്താണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എല്ലാത്തിനെയും നിലനിർത്തുക അതുകൊണ്ടാണ് ആകാശം ഒന്നുകൂടെ പേരിട്ടു അതോ ഇത് മേകസ്യ വ്യത്യതഭേദ ആരഭ്യ ആകാശ ഹൃദയ സങ്കോചകരണം ചെയ്ത बहुत आकाशते कुछ अब सूक्ष्म अंतराशु बहुदाभ्यृदय संकोच कर्ण സുഷ്ടസ്ഥാനത്തിൽ കൊണ്ടെത്തിച്ചു എന്തിനാണ് ചേതസ് സമാധാന സ്ഥാനസ്ഥിതി അവിടെയാണ് ചേതസ്സിന്റെ സമാധാന സ്ഥാനം ചേതസ് സ്വയം സമാധാനിക്കുന്ന അവിടെ ഇവിടെ അല്ലെങ്കിൽ ചേതസ്സിനെ സമാധാനിപ്പിക്കേണ്ട അതാണ് സ്ഥാനം നമ്മുടെ ഭാവനയ്ക്ക് അല്ലെങ്കിൽ സങ്കല്പത്തിനും ചെന്നെത്താം എന്നുള്ള പരമാവധി സ്ഥാനം അതാണ് അതാണ് ചെയ്ത സമാധാന സ്ഥാനം എന്ന് പറയുന്ന സൂക്ഷിക്കുന്നത് അതിനപ്പുറം പോകാൻ പറ്റത്തില്ല അതുവരെ ചല്ല ഒരു ഭാവന അല്ലെങ്കിൽ സങ്കല്പം കനതൊരനുഭവമാണ് അതുകൊണ്ട് അതിനെ സങ്കല്പിക്കാൻ കഴിയുന്നു ഭാവന ചെയ്യാൻ കഴിയുന്നു അതിലാണ് മനസ്സിനെ ഏകാഗ്രമാക്കേണ്ടത് യഥാത്രയാണിലോകാനാം കുരുക്ഷേത്രം വിശിഷ്യത്തി അർദ്ധതസ്തു കുരുക്ഷേത്രം അർദ്ധതസ്തു കുഷൂദകം കുരുക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും മൂന്ന് ലോകങ്ങളിലും കുരുക്ഷേത്രമാണ് വിശേഷപ്പെട്ടത് കുരുക്ഷേത്രം എന്നുള്ള സ്ഥലത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാണ് ത്രയാണം വി ലോകാനാം കുരുക്ഷേത്രം വിശേഷിത് മൂന്ന് ലോകങ്ങൾ അനുസ്തിച്ചു പറയാണ് അത് കുരുക്ഷേത്രമാണ് വളരെ വിശേഷപ്പെട്ടത് ഇതൊരു ഉദാഹരണം പറയാണ് അർദ്ധ ദിവസ്ത്രം അർദ്ധദസ്തു പൃഷൂതകം എന്നിട്ട് പറയുന്നു അതിൽ പകുതി കുരുക്ഷേത്രവും പകുതി പൃഷൂതകമാണത് ഒരു സ്ഥലത്തിന്റെ പേരാണ് ആ തന്നെ പകുതി ഭാഗം കുരുക്ഷേത്രമാണ് പുഷൂതകം എന്ന് പറയുമ്പോൾ പുഷൂതകം എന്ന് പറയുന്നതിന് പൃഥൂതകം എന്ന് പറയുന്നതിന് വലിയ ജലമുള്ള ഭാഗം ജലാശയം എന്നുള്ള അർത്ഥവും പറയുന്നുണ്ട് എന്ന് പറയുന്ന താല്പര്യം എന്താണ് ഈ രണ്ടും കൂടി ചേർന്നാണ് മറ്റു ലോകങ്ങളെക്കാളും ശ്രേഷ്ഠമായിരിക്കുന്നതാണ് എന്റെ താല്പര്യം കുരുക്ഷേത്രം മൂന്ന് ലോകങ്ങളിലും ശ്രേഷ്ഠമാണ് പക്ഷേ കുരുക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പറയുന്നു എൻ്റെ പകുതി കുരുക്ഷേത്രമാണ് പകുതി ജലാശയമാണ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് പറയുന്നത് കേവലം ആ ക്ഷേത്രത്തെ മാത്രമല്ല ക്ഷേത്രം എന്ന് പറയുമ്പോൾ സാധനം പോലെ കരഭാഗത്തെയാണ് ഒരു ക്ഷേത്രം ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ ആ കരഭാഗം മാത്രമെന്നല്ല ജലാശയം കൂടെ ചേർന്ന രണ്ടു ഭാഗങ്ങളെ കൂടെ കൂട്ടിച്ചേർത്തത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നു എന്ന് പറയുന്നത് പോലെ അതുപോലെയാണ് ഇവിടെയും പറയുന്നത് അതുപോലെ ഇവിടെ മൂന്നെണ്ണം ഒന്ന് ബാഹ്യമായ ലോകം അതിനെ അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് ആന്തരികമായ രണ്ടും ഒന്ന് സ്വപ്നസ്ഥാനം അതിന് അപ്പുറമുള്ള ശ്രുഷ്ത സ്ഥാനം അവിടെ ചെയ്ത സമാധാനം എവിടെയാണ് ആ സുഹൃത്ത സ്ഥാനത്തിൽ എവിടെയാണ് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തേണ്ടത് പക്ഷെ അതിനെ രണ്ടിനും കൂടി ചേർത്തത് ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു സ്വപ്നത്തെയും സൂക്ഷിത്തെയും ചേർത്ത് അതാണ് അയം വാവസ യോയം മന്ത്രഹൃദയാകാശ തതേത പൂർണ്ണം അപ്രവൃത്തി ആ ഭാഗത്ത് വ്യാഖ്യാനിക്കുകയാണ് അപ്പോൾ ഈ ആകാശം ഏകരൂപത്തിലുള്ള ആകാശം തന്നെ അത് ബാഹ്യമായും ആന്തരികമായും രണ്ട് രൂപത്തിലും ഇരിക്കുന്നു എന്നാൽ അതിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തേണ്ടത് ശ്രേഷ്ഠമായിട്ടുള്ള ഏതാണോ ആ സുഹൃത്വസ്ഥാനമായ ആകാശം എന്തുകൊണ്ട് അവിടെയാണ് സർവ്വദുഃഖ നിവൃത്തി സംഭവിക്കുന്നത് അവിടെ ഏകാഗ്രപ്പെടുത്തണം അതിനെ പറയുമ്പോ അന്തർഹൃദയ ആകാശമെന്ന് പറയുമ്പോ സ്വപ്നസ്ഥാനത്തിൽ ആകാശം വരുമല്ലോ അതിനാണ് സമാനം പറഞ്ഞത് അത് കുരുക്ഷേത്രം ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ഭാഗമായി വരുന്ന ജലാശയമുണ്ട് എന്നാലും അവിടെ ശ്രേഷ്ഠമെന്ന് പറയുന്നതിന് കുരുക്ഷേത്രത്തെയാണ് അകരഭാഗത്തെയാണ് അതുപോലെ ഒരു ഉദാഹരണമായി പറഞ്ഞു ഹൃദയത ഹർദ്ദാകാശാഖ്യം ബ്രഹ്മ പൂർണ്ണം സർവഗതം ന എന്നാൽ ഹൃദയം മാത്ര പരിച്ഛിന്നമി വന്നു ഹൃദയാകാശം എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് പരിച്ഛിന്നമായൊരാകാശമൊന്നും ധരിക്കരുത് ഹൃദാകാശാഖ്യം ഇവിടെ ഹൃദയാകാശം എന്ന് പറയുന്ന ബ്രഹ്മത്തെയാണ് അതെന്താണ് പൂർണ്ണമാണ് സർവഗതമാണ് സർവവ്യാപിയാണ് അത് കേവലം ഈ ഹൃദയത്തിൽ ഒതുങ്ങിയിരിക്കുന്നതല്ല സർവ്യാപിയായിരിക്കുന്നതിന് മനസ്സിന് ഏകാഗ്രമാക്കാൻ വേണ്ടി ഹൃദയത്തിൽ നിർദ്ദേശിക്കുകയാണ് തദ്ധ്യധർമ്മം അനിയഭൂത പരിച്ഛി ഉച്ഛിത്യധർമ്മ അനിച്ഛേദം വിഭൂതിലംഭത്തെ ജീവൻ തദ്ം പ്രതിപദ്ധ്യതൃദയാകാശ ചേധീയത്തെ ഹൃദയാകാശത്തിൽ മനസ്സിനെ കാഗ്രപ്പെടുത്തുന്നു സുഷുപ്തിഥാനത്തിൽ അതിന്റെ പ്രത്യേകത എന്താണ് അത് അപ്രവൃത്തി പ്രവൃത്തി മസ്ജിദ് അപ്രവൃത്തി തത് അനിശ്ചിത്യ ധർമ്മകം അതിന് നാശം സംഭവിക്കുന്നുണ്ട് അവിടെ ആ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്ന സർവദുഃഖ നിവൃത്തി രൂപത്തിലുള്ള സുഷുധസ്ഥാനത്തിൽ അതിന് നാശം സംഭവിക്കുന്നില്ല യഥാ അന്യാനുഭൂതാനി പരിച്ഛിന്നാനി ഉച്ചിത്തിധർമ്മകാണി അന്യഭൂതങ്ങൾ നശിക്കുന്നു ന തഥാ ഹാർദനഭ അതുപോലെയുള്ള ഈ ഹൃദയാകാശം സുഷുദ്ധസ്ഥാനം അതിന് നാശം സംഭവിക്കുന്നില്ല പൂർണ്ണ അപ്രവർത്തിനെയും അനിച്ഛദാത്മിക അത് പൂർണമാണോ നശിക്കുന്നില്ല അവനെ ധ്യാനിക്കുന്നവനോ അവനും നശിക്കാത്ത ശ്രീം വിഭൂതിയും ഗുണഫലം ലഭ്യ അവനും നശിക്കാത്ത ഫലമുണ്ടാകുന്നു ദുഷ്ടം യം യഥൂഖം പൂർണാം അപ്രവൃത്തി ഗുണം ബ്രഹ്മഭേദ ജാനാദി ആരാണോ അനുച്ഛുദ്ധി രൂപത്തിലുള്ള നാശരഹിതമായ ബ്രഹ്മത്തെ അറിയുന്നത് ഇഹ് ഇഹൈവ ജീവൻ തദ്ഭാവം പ്രതിബദ്ധത ഇവിടെ തന്നെ ജീവിച്ചിരിക്കുക തന്നെ അവനാ ഭാവത്തെ പ്രാപിക്കുന്നു അപരിപൂർണഭാവത്തെ പ്രാപിക്കുന്നു ഇവിടെ മൂന്ന് തരത്തിലുള്ള ആകാശത്ത് സുഷിസ്ഥാനമായിരിക്കുന്ന ആകാശം അതിൻ്റെ നാശമില്ലാത്തതാണ് അതുകൊണ്ടാണ് അതിന് കാരണം എന്ന് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നശിച്ചു കാരണം എന്ന് പറഞ്ഞാൽ നശിക്കുന്നതാണ് നശിക്കാത്തുകൊണ്ടാണ് അതിനെ കാരണമെന്ന് പറയുന്നത് അതിൽ നിന്ന് ജാഗ്രസ്വപ്നങ്ങൾ വരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് അത് നശിക്കുന്നില്ല അതിനെ അറിയുന്നവൻ അവൻ ജീവിച്ചിരിക്കെ തന്നെ തദ്ഭാവത്തെ ആരൂപത്തെ പ്രാപിക്കുന്നു ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു അതാണ് ഗായത്രിയെ ബ്രഹ്മരൂപത്തിൽ ഉപാസിക്കുന്നവൻ്റെ ഫലം െയാണ് ഈ പ്രപഞ്ചരൂപത്തിലിരിക്കുന്നത് ആ പ്രപഞ്ചത്തിൽ ബ്രഹ്മം ഗായത്രി രൂപത്തിൽ വന്ന് പ്രപഞ്ചരൂപത്തിലിരിക്കുന്നു അതുകൊണ്ട് ഈ കാണുന്ന ഗായത്രിയും പ്രപഞ്ചത്തെയും ബ്രഹ്മമായിട്ട് വാസിക്കുന്നു ആ ബ്രഹ്മത്തെ സഹൃദയത്തിൽ ധ്യാനിക്കുന്നു സർവദുഃഖ എന്നിവൃത്തി രൂപനായ സുപ്ത പുരുഷരൂപത്തിൽ ധ്യാനിക്കുന്നു അവനാ ബ്രഹ്മത്തെ അറിയുന്നു അവൻ ആ ബ്രഹ്മഭാവത്ത് പ്രാപിക്കുന്നു ഇതാണ് ഗായത്രി ഉപാസനയുടെ ഫലം തസിഹ എ ഹൃദയസ പഞ്ചദസുഷേ സോ അസിയ പ്രാങ്സുഷി സ പ്രാണ തക്ഷു സ ആദിത്യ തേജോ അദ്യംപാസീതോദ യക്ഷിണ സുഷീ സവ്യനോത്രം സ ചന്ദ്രമാ തദ്തശ്രീസ്ഥ യശസ്േത്ുപാസമാശസ്വീവതിേദ അഥ ഇവയ പ്രസി സ്ന സോക്തേതബ്രഹ്മവർസം അദ്യുപാസീതവർ അന്നദോഭവതിേദോ ഉദങ്സുഷി സമാന തന്മന സ പജന്യ തദ്ധ കീർത്തി അഥ ഇവ അസ ഊർസുഷി സ ഉദ സവായു സ ആകാശ തദ്ത ഓജ്ച മഹ്ചാസീത ഓജസീ മഹാൻഭവതി എംവേദ പഞ്ചപുരുഷാ സ്വർഗ് ലോക സ എോനം പഞ്ചബ്രഹ്മപുരുഷാൻ സ്വർസ ലോകേദ അസേ വീരോജാ പ്രതിപയത്തെ സ്വർഗ് ലോകം പഞ്ചബ്രഹരുഷാൻ സ്വർഗോക ദ്വരപാ വേദ അഥ എദ പവോ ജ്യോതിർദീപ്യതേ വിശ്രുതപൃുപൃഷ്ടു അനുത്തമേഷത്തു ലോകേഷു ഇതം വരിദിദം അവിഷേ ജ്യോതി ദൃഷ്ടി രീരേ സംസ്പർശന ഉഷ്യമാനം വിജതി തസ്ാ ശ്രുതിയ കർണിഗ്യ നിദതമി നദധുരിവ അഗ്നിരിവ ജലത ഉപസൃോതി തദ്തദ്ദം ചുതംത ചുഷ്യുതോ ഇത परो दिवो जोदर दीप्यते विद्वान <coughs> लो वीर പ്രതിപദ്ധ്യത ചോക്തം ത്രിപാദ സമൃദ്ധി തദ്ധി ചുസ്രോത്രോചരമാ അഗ്നിയധൂമാതിലിംഗ് മൃതം ദേവി എന്നും മറ്റും പറഞ്ഞ് വിശദീകരിച്ച പുരുഷൻ ആ പുരുഷന്റെ അടയാളങ്ങൾ പുരുഷനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതുപോലെ ധൂമത്തെ കണ്ടിട്ട് അഗ്നി അറിയുന്നത് പോലെ പറഞ്ഞ കാര്യം ഇത്ര ദൃഢതയുണ്ടാകുന്നതിന് വേണ്ടി അതിനെ വിശദീകരിക്കുകയും നിശ്ചയ എങ്ങനെ വരണം ഇയമേവ ഇതം ഈ പുരുഷനെ സംബന്ധിച്ചുള്ള നിശ്ചയം ഇയമേവ ഇതം ഇതാ ഇത് എങ്ങനെയാണോ ബാഹ്യമായ വസ്തുക്കളെ കണ്ടിട്ട് ഇതിന്നതാണ് നിശ്ചയിക്കുന്നത് ഇത് പുസ്തകമാണ് ഇത് പേനയാണ് എന്നെല്ലാം നിശ്ചയിക്കുന്നത് ഈ പുരുഷനെ സംബന്ധിച്ചും നിശ്ചയം വരണം അപരോക്ഷമായ നിശ്ചയം വരണം ദൃഢാതീതി അതുണ്ടാവണം അതും അനന്യത്വേന അനന്യമായ നിശ്ചയം വരണം ഈ കാണുന്ന സർവത്തോടും അനന്യമായ നിശ്ചയം ആ പ്രശ്നത്തെ സംബന്ധിച്ചാണ് അതിനുവേണ്ടി പറയുന്നു അത ആഹാ യഥാതോ അമുഷ്മ ദിവ്യോ ദുലോകോത് പര പരമിതി ലിംഗം വ്യത്യേന ഈ ദുലോകത്തിനു പരമായിട്ടുള്ള ജ്യോതിഷ നേരത്തെ പറഞ്ഞല്ലോ ത്രിപാദസ്യാമൃതം തിവി എന്ന് പറഞ്ഞു ഈ കാണുന്ന ലോകത്തിനെല്ലാം അപ്പുറമായി അവൻ സ്ഥിതി ചെയ്യുന്നു അമൃതസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു അതോടൊപ്പം നീ ലോകത്തിനും അപ്പുറ സ്ഥിതി ചെയ്യുന്ന ആ പുരുഷൻ ഇതൊന്നും സ്പർശിക്കാതെ ഇതൊന്നും ബാധിക്കാതെ സ്വയംപ്രഭം സ്വയം പ്രകാശിക്കുന്നവനായി സദാപ്രകാശത്വ ദീപ്യതേ ഇവ ദീപ്യത പ്രകാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ജ്വലിക്കുന്നത് പോലെ ജ്വലിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ദീപ്യത ഇവ അത് ജലിക്കുന്നത് എങ്ങനെയാണോ അഗ്നിയുടെ ജ്വലനം അന്ധകാരത്തെ മാറ്റുന്നത് അതുപോലെ ഇത് സ്വയം ജ്ഞാനരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അഗ്നിയുടെ പ്രകാശം ഇതിന്റെ പ്രകാശം അതുപോലെ അഗ്നിവനലക്ഷണയാ ദീപ്തയുടെ സംഭവ അല്ല ഇവിടെ അഗ്നി ജ്വലിക്കുന്നത് പോലെ ഇത് ജ്വലിക്കുന്നു എന്നുള്ള അർത്ഥം ഒന്നും അഗ്നി പ്രകാശിക്കുന്നതുപോലെ ഇത് പ്രകാശിക്കുന്നു എന്നും എടുക്കരുത് പക്ഷെ ഈ പുരുഷനെ പറയുമ്പോഴും പറയും അവൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവൻ ജ്ഞാനസ്വരൂപനാണ് എന്നെടുത്ത അപരോക്ഷസ്വരൂപനാണ് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ അതിനു വേണ്ടിയാണ് അവൻ പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് അധ യോതിർദ്ദീപ്യത എങ്ങനെ വിശ്വത പൃഷ്ടേഷു ഇത്യേതാനം സർവതഹപൃഷ്ടേഷപരി ത്രിപാദസ്യാമൃതം ദിവ്യ അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതാണ് ഈ സംസാരത്തിനെല്ലാം ഉപരിയായ സ്ത്രീ സംസാരത്തിനുപരി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പുരുഷനൊരിക്കലും ഈ സംസാര ബന്ധനത്തിൽ അകപ്പെട്ടിട്ടില്ല സംസാര ബന്ധനത്തിൽ അകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സംസാര ബന്ധനത്തിൽ സത്യമായിട്ടകപ്പെട്ടിട്ടില്ല വാസ്തവത്തിൽ അകപ്പെട്ടിട്ടില്ല സംസാരത്തിൽ നിന്നും മുക്തൻ തന്നെയാണ് സദാ കുറച്ചു കാലം ബന്ധനായിരുന്നു പിന്നീട് മുക്തനാകുന്നില്ല നിത്യമുക്തൻ തന്നെയാണ് അതാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുകയാണ് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ജീവന്മാരെ ബോധിപ്പിക്കുകയാണ് എന്താണ് ഒരിക്കലും അവൻ ബന്ധനസ്വനായിട്ടില്ല പിന്നെ മുക്തിക്ക് വേണ്ടി എന്തുകൊണ്ട് പരിശ്രമിക്കുന്നു ബന്ധന സത്യമായി തോന്നുമ്പോൾ മുക്തിക്ക് വേണ്ടിയുള്ള സത്യമായ മാർഗത്തെ അന്വേഷിക്കുന്നു പരിശ്രമിക്കുന്നു വാസ്തവത്തിലോ സംസാരാ ദുപരിമാണ് അവാഷ്യകാരൻ പറയുന്നത് എന്താണ് ഈ സംസാരം ഒരു കല്പന മാത്രമാണ് പറയുന്നത് കൊണ്ടാണ് ഇത് കല്പനയാകാതെ ഈ പുരുഷന് ഈ സംസാരത്തിനുപരി നീക്കാൻ കഴിയില്ല പുരുഷന് നിത്യമുക്തനാകണമെങ്കിൽ ഇത് കല്പന ആയാലേ പറ്റും ഇത് സത്യമാണെങ്കിലോ പുരുഷന് ഈ സംസാരത്തിനുപരി നീക്കാൻ കഴിയില്ല പുരുഷനെ ഈ സംസാരം ബാധിക്കും പക്ഷെ പുരുഷന്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുമ്പോ എന്തു പറയുന്നു ശ്രീതി അത് സംസാരത്തിനുപരിയാണ് ത്രിപാത സ്യാമൃതം ദേവി അപ്പോൾ സംസാരം എങ്ങനെ സത്യമാവും സത്യമല്ലെങ്കിൽ ആ സംസാരത്തിൽ നിന്ന് സത്യമായ ഒരു മോചനം എങ്ങനെ സാധ്യമാകും അത് സാധ്യമാകത്തില്ല പിന്നെന്താണത് കേവലം കൽപ്പന മാത്രം അപ്പൊ സംസാരത്തിൽ നിന്നുള്ള മോചനം ഇവിടെ ഭാഷകാരം പറയുന്ന എന്താണ് സംസാരത്തെ ഇല്ലാതാക്കുന്ന മറിച്ച് ഇത് കേവലം കൽപ്പന മാത്രം ആണെന്നറി അതിനാണ് വിവേകം അവിടെയാണ് വിവേകത്തിൻ്റെ ആവശ്യം അതാണ് വിവേകം ഇത് കേവലം കൽപ്പനയാണ് ഇവിടെ വാസ്തവത്തിൽ സംസാരമില്ല വാസ്തവത്തിൽ മോചനം പക്ഷെ ഒരു ഭ്രാന്തി ആ ഭ്രാന്തിക്ക് അടിമപ്പെട്ടതുകൊണ്ട് സംസാരം വാസ്തവമാണെന്ന് തോന്നുന്നു മോചനം വാസ്തവമാണെന്ന് തോന്നുന്നു ഇതല്ല അതുകൊണ്ട് ഈ പുരുഷൻ സംസാരത്തിനുപരിയാണെങ്കിൽ ഈ സംസാരം തീർച്ചയായും കൽപ്പനയായിരിക്കും പിന്നെ സംസാരത്തിൽ നിന്ന് മോചനം എങ്ങനെ സാധിക്കും ഇത് കല്പനയാണെന്നുള്ള വിവേകം കൊണ്ട് പുരുഷൻ ഇതിനുപരിയാണെന്നുള്ള വിവേകം ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് ാണ് ജ്ഞാനം എന്നുള്ള ഒന്നിനെ സമ്പാദിച്ചിട്ട് മോശം എന്ന് പറയുന്ന മറ്റൊന്നിനെ സമ്പാദിക്കാൻ വേണ്ടി പറയുക അടിസ്ഥാനപരമായ വിവേകം എന്താണിത് കല്പനയാണ് എന്നുള്ള വിവേകം ആ വിവേകത്തിന്റെ ഫലമാണ് മോക്ഷം സംസാരം സംസാരമാണ് ബന്ധ സംസാരമാണ് അസംസാര ഏകത്വ നിർഭേദത്വ അസംസാരിയായിരിക്കുന്ന പുരുഷൻ ഏകനാണോ അവിടെ ഭേദമില്ല നിർഭേദത്വാ സംസാരത്തിൽ ഭേദമുണ്ട് ബന്ധം മോക്ഷം ഇതെല്ലാം ഭേദത്തിൽ ഉൾപ്പെടുന്ന അനുത്തമേഷു അടുത്ത് മന്ത്രത്തിൽ പോയു അതേ പരോധിപോ ജ്യോതിർദീപ്യത ഈ സംസാരാതീതനായ ജ്യോതിഷ വിശ്വതപ്രഷ്ഠേഷു സർവതപൃഷ്ടേഷു സർവോപരിയായി ലോകത്തിനെല്ലാം ഉപരിയായി സ്ത്രീ അനുത്തമേഷു ഉത്തമേഷു ലോകേഷു അത് അനുത്തമേഷു അനുത്തമം എന്ന് പറയുമ്പോൾ ഉത്തമാന ഭവതി അങ്ങനെ എടുക്കരുത് തത്പുരുഷ സമാസാശങ്ക നിവൃത്തയെ ആ ഉത്തമേഷു ലോകേഷു അനുത്തമേഷു എന്ന് പറഞ്ഞാൽ ഉത്തമലോകത്ത് എടുക്കണം സത്യലോകാദിഷു ഏതാണ് ഉത്തമലോകം സത്യലോകം അനുത്തമത്തിന്റെ വ്യാഖ്യാനമാണ് ഉത്തമ ലോകം ന ഉത്തമ ബഹുഗ്രഹിയാണ് സത്യാ ലോകാതിഷു ഹിണ്ഗർ കാര്യസ്ഥ ആസന്നുച്യമേഷോക ഇവിടെ സത്യലോകത്തും മറ്റും ആ പുരുഷൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ ഇല്ലേ പുരുഷനുണ്ട് പക്ഷെ സത്യലോകത്തെ എന്തുകൊണ്ട് പറയുന്നു അവിടുത്തെ പുരുഷൻ ഹിരണ്യഗർഭൻ കാര്യബ്രഹ്മം അത് പരസ്യ ഈശ്വര ആസന്നത്വ ആ പരമപുരുഷന്റെ അടുത്ത രൂപമാണ് ആ പരമപുരുഷനോട് ചേർന്ന് ഇരിക്കുന്ന രൂപമാണ് ആ ഹിരണ്യഗർഭരൂപം അതുകൊണ്ട് പറഞ്ഞു ഉത്തമ അവൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇത് ലോകത്തിനുപരിയാണെങ്കിൽ പിന്നെ ലോകത്തോട് ബന്ധപ്പെടുത്തി എന്തുകൊണ്ട് പറഞ്ഞൊന്നാണ് ആ ഉത്തമ ലോകത്തിൽ മറ്റും അവൻ ഹിരണ്യഗർഭരൂപത്തിലിരിക്കുന്നു എന്ന് ശാസ്ത്രപ്രസിദ്ധമാണ് അതുകൊണ്ട് പറഞ്ഞു ഇതം വാവ ഇതമേവ ഇതം അസ്മിൻ പുരുഷേ അന്തർമധ്യേ ജ്യോതി ചക്ഷുശ്രോത്രം ഗ്രാഹ്യേന ലിംഗേന ഉഷ്ണിമിന ശബ്ദേന ജപകെ ആ പുരുഷൻ എവിടെ ഇരിക്കുന്നു ഒന്നാ സത്യ ലോകാദികളിൽ ഇരിക്കുന്നു അതേ പുരുഷൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അതാണ് അടുത്ത് പറയുന്നു ഉത്തമേഷി ലോകേഷ് ഇതം വാവിദം അസ്വിൻ അന്തപുരുഷേ ജ്യോതിഷി ഏതിദമസ്വിൻ പുരുഷേ അന്തർ മധ്യേ ജ്യോതിഷി ഉള്ളിലുള്ള ജ്യോതിഷ എന്താണ് ചക്ഷുശ്രോത്ര ഗ്രാഹീണ ലിംഗേന ഉഷ്ണിം ജവഗമ്യത കണ്ണുകൊണ്ട് കാണുന്നു ഉഷ്ണിംന ഉഷ്ണം ശബ്ദം ഇതിലൂടെയെല്ലാം അനുഭവപ്പെടുന്നത് സ്പർശരൂപേണ ഗൃഹ്യത ചുഷവ അസുഖത്തിൽ കണ്ണുകൊണ്ട് ചൂടറിയാൻ പറ്റില്ല പക്ഷെ പറയുന്നു തൊക്കുകൊണ്ട് ഗ്രഹിക്കുന്നുണ്ട് ചൂട് അത് എന്തുകൊണ്ട് കണ്ണുകൊണ്ട് കാണും പോലെ തന്നെ സാധാരണ പറയാറുണ്ട് ഞാനത് നേരിട്ട് കണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ദൃഢതയ്ക്ക് വേണ്ടി പറയുന്നതാണ് ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് പറയുമ്പോൾ ആ കാഴ്ചക്ക് ആ പ്രത്യക്ഷത്തിന് ദൃഢതയുണ്ട് മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ചു അതുകൊണ്ടുകൂടെ ദൃഢ പ്രതീതികരത്വ ത്വ ത്വക്കിനുപോകം കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞു ഉഷ്ണത്തെ എന്ന് വെച്ചാൽ അത്രയും അത് പ്രത്യക്ഷമാണെന്ന് നടത്തും അവിനാഭൂതത്വ രൂപസ്പർശയുഹോ അതുമാത്രമല്ല രൂപസ്പർശങ്ങൾ വെറുപെരിയാതിരിക്കുന്നവയാണ് അഗ്നിയുടെ ഉഷ്ണത്തെ കാണുമ്പോൾ അതിൻ്റെ രൂപത്തെ കാണുമ്പോൾ ഉഷ്ണസ്പർശത്തെയും അറിയുന്നു അതുപോലെ ഈ ശരീരത്തിനുള്ളിൽ രിക്കുന്ന ഒന്നിന്റെ അടയാളമാണ് ഈ ശരീരത്തിലെ ഉഷ്ണവും ഈ ശബ്ദവും ഇതെവിടുന്നാ വരുന്നത് കഥം പുനസ്തസ്യ ജ്യോതിഷോ ലിംഗം എങ്ങനെയാകൊണ്ടിരിക്കുന്ന ജ്യോതിഷന് ലിംഗമാകും അടയാളമാകും ദൃഷ്ടിഗോചരത്വമാവധ്യത അതെങ്ങനെയാകും ആഹാ എത്ര യസ് കാലേ അടുത്ത മന്ത്രത്തിൽ പറയും അത് വ്യക്തമാക്കിയാണ് ഈ ശരീരത്തിന്റെ ഉള്ളിൽ പുരുഷൻ ഇരിക്കുന്നു ഏതൊരു പുരുഷനാണോ ഹിരണ്യഗർഭരൂപത്തിൽ സത്യലോകത്തിലിരിക്കുന്നത് അതേ പുരുഷൻ തന്നെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നു അതിനടയാളം അതാണ് മന്ത്രത്തിൽ പറയുന്നത് എത്ര ഏതസ്മിൻ ശരീരേ സംസ്പർശേന ഉഷ്ണിമാനം വിജാനാദി ശൃണോതി തദ്ം ചെത അടയാളത്തെ വ്യക്തമാക്കുകയാണ് അസ്മിൻ ശരീരേ അസ്തേന ആലഭ്യ സംസ്പർശേന ഉഷ്ണിമാനം രൂപസഹഭാവിനം ഉഷ്ണം സ്പർശഭാവം വിജാനാദി ഈ ശരീരത്തിൽ സ്വന്തം കൈകൊണ്ടേനെ സ്പർശിച്ചു നോക്കുക അവിടെ ഒരു ചൂട് അനുഭവപ്പെടും ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മറ്റു ശരീരം തൊട്ടു നോക്കുക അതിനുള്ളിൽ ജീവനുണ്ടെങ്കിൽ അവിടെ ചൂട് അനുഭവപ്പെടും സഹ്യൂഷ്ണിംഹ നാമരൂപം വ്യാകരണമായ ദേഹം അനുപ്രവിഷ്ട്രീ ചൈതന്യാത്മജ്യോതിഷോ ലിംഗം അഭ്യപിച്ചു ആ ചൂട് ഈ നാമരൂപങ്ങളെല്ലാം പ്രകടമാക്കുന്നതിന് വേണ്ടി ഈ ശരീരത്തിൽ പ്രവേശിച്ച ആ ചൈതന്യ ജ്യോതിഷിന്റെ അടയാളമാണ് അതിനൊരിക്കലും മാറ്റം കാണുന്നില്ല ഈ ശരീരത്തിനുള്ളിൽ എത്ര കാലം ആ ചൈതന്യം ജ്യോതിഷിരിക്കുമോ അത്രയും കാലം ഈ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടും നഹി ജീവന്തം ആത്മാനം ഉഷ്ണിമ വിഭിചരത്തി ആ ഉഷ്ണമില്ലാതിരിക്കുക സംഭവിക്കുന്നില്ല ഉഷ്ണയവ ജീവിഷ്യൻ ശീതോ മനുഷ്യന് ആയത് ശ്രുതി എന്ന് പറയുന്നുണ്ട് ചൂടുണ്ടോ അവൻ ജീവിച്ചിരിക്കുക തണുത്തോ മരിച്ചുപോയി എന്ന് പറയും അതുകൊണ്ടിത് അടയാളമാണ് ആ പുരുഷൻ ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിനുള്ളിലുണ്ട് മരണകാലേക്ക് പരസ്യം ദേവതായം ഇതി പറയുന്ന വിഭാഗം ഇവിടെ തന്നെ പറയും മരണകാലത്ത് ആ ചൈതന്യം ആ ദേവതയിലേക്ക് ലയിക്കുന്നു ഏതാണോ ശരീരത്തിന് ഈ ഉഷ്ണം കിട്ടിയത് അതിലേക്ക് ഔഷ്ണം തിരിച്ചു പോകുന്നു അത് അസാധാരണം ലിംഗം ഔഷ്ണ്യം അഗ്നേരിവ ധുമ അതുകൊണ്ട് അഗ്നിക്ക് എങ്ങനെയാണോ ധൂമം അടയാളമായിരിക്കുന്നത് ലിംഗമായിരിക്കുന്ന അതുപോലെ ഇത് ഈ ഉഷ്ണം ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന പുരുഷന് അടയാളമാണ് മനസ്സിലാക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ആ പുരുഷനുള്ള നഥത്തസ്യ ദൃഷ്ടി സാഷ്ട സാക്ഷാത്ക ദർശനം അതുകൊണ്ട് ആ പരമപുരുഷനെ നേരിട്ട് കാണുന്നതിനുള്ള ഒരു ഉപായമാണ് ഈ ഉഷ്ണം നേരിട്ട് കാണുക ഈ ഉഷ്ണത്തിലൂടെ ആ പരമപുരുഷനെ അറിയുകയാണത് എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു ജീവൻ എന്ന് തിരിച്ചറിയുന്നു സാക്ഷാതായിട്ടെന്ന് വെച്ചാൽ നേരിട്ട് തന്നെ അറിയുന്നു ഓരോ ജീവനും അറിയുന്നു ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്റെ ഉള്ളിൽ ജീവനുണ്ട് ആ പുരുഷനുണ്ട് ചൈതന്യമുണ്ട് എന്നറിയുന്നു ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ടറിയുന്നു ഇതൊക്കെയാണ് അടയാളം മരിച്ചു എന്നറിയുന്നില്ല എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്റെ ശരീരത്തിൽ ജീവനില്ല എന്നാർക്കും പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഈ അടയാളം ഇരിക്കുന്നു തഥാത്ത ശ്രീജ്യോതിഷേ ശാശ്വതി ശ്രവണം ശ്രവണോ ഉപായോപിച്ഛമാനഹതി ശ്രവണം ശബ്ദം എന്ന് പറയുന്നത് കൊണ്ട് കേൾക്കുന്ന ശബ്ദവും പുറപ്പെടുന്ന ശബ്ദവും രണ്ടുപെടുത്തും ഈ പുരുഷന്റെ ലിംഗമാണ് അടയാളമാണ് എന്തുകൊണ്ട് ഉള്ളിൽ നിന്ന് ഈ ശബ്ദം പുറപ്പെടുന്നു ഉള്ളിലാ പുരുഷനുള്ളത് കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ശബ്ദമുണ്ട് എന്തുകൊണ്ട് ഈ ശബ്ദത്തെ ശ്രവിക്കുന്നു ശ്രോണോപായവും പിച്ചുമാണ് അതാ ശബ്ദമുള്ളത് കൊണ്ട് എത്ര യഥാ പുരുഷോ ജ്യോതിഷോ ലിംഗം ശ്രോതുമതി തഥാ ഏത് കർണവും അഭിഗ്രഹിയായത് ശബ്ദം ക്രിയാവിശേഷം ഇനി ആ പുരുഷന്റെ അടയാളത്തെ നിങ്ങൾ കേൾക്കണമോ ഉള്ളിൽ പുരുഷനുണ്ടെന്നുള്ളതിന് പറയാം അഭിഗ്രഹ്യാം ഇനി പുരുഷനുള്ളിൽ ഉണ്ട് എന്നുള്ളതിന് അടയാളം പറയാം വിരൽ കൊണ്ട് ചെവി അടച്ചു നോക്ക് അടച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലഴിച്ചി അഭിഥായം വിരലുകളെവി അടച്ചു നോക്കുക പറഞ്ഞത് എത്ര ഏത് കർണവും അഭിഗ്രഹിയ നിന്ദതമീവ രഥസീവ രഥം ഉരുളുന്നത് പോലെ ഒരു ശബ്ദം അടച്ചു കഴിഞ്ഞ ഉള്ളിൽ കേൾക്കും കേൾക്കും ക്രിയാവിശേഷണം അഭിഗ്രഹ്യധായി അങ്കുലിഭ്യാം പ്രോണിത്യ വിരളുകളെ കൊള്ളിച്ചെവി അടച്ചുപോകുക രഥസീവ നിദന്തം തമിഴുനോതി നദധുരിവ വിഷഭൂജിതമ പുഷ്പത്തിന്റെ ശബ്ദം പോലെ പലതരത്തിലും കേൾക്കുമ്പോൾ ഉള്ളിൽ ചെവി അടച്ചു കഴിഞ്ഞ ശബ്ദം യഥാർത്ഥ അഗ്നിബഹിർജ്വല ജ്വലത അഗ്നി ജ്വലിക്കുന്നത് പോലെ അഗ്നി ജ്വലിക്കുമ്പോൾ എന്നൊരു ശബ്ദം കേൾക്കും ആ ശബ്ദം പോലെ ഏവം ശബ്ദം മന്ദശ്ശലിത കൊശ്ചനോ തീ അങ്ങനൊരു ശബ്ദം ഉള്ളിൽ കേൾക്കാൻ ർ ജ്യോതിർ ദുഷ്ടശ്രുതിലിംഗത്വ ദുഷ്ടൻ ജശ്രുതഞ്ചേത്യുപാസീത അതാണ് ബധിരനല്ലെങ്കിൽ കേൾക്കും ബഹിരനാണെങ്കിൽ കേൾക്കത്തില്ല അല്ലെങ്കിൽ ഉള്ളിൽ ബദിരനാണെങ്കിൽ സ്പർശത്തിലൂടെ അറിയാം ഉഷ്ണത്തിലൂടെ ശരീരത്തിൻ്റെ അന്ധനാണെങ്കിൽ ഈ ശബ്ദത്തിലൂടെ അറിയാം അന്ധനും ബദിരനുമാണെങ്കിൽ മറ്റെന്തെങ്കിലും ഉപായത്തിലൂടെ അറിയാം ദുഷ്ടശ്രുതിലിംഗത്വ ദുഷ്ടം ചശ്രുതം ജിത്തുവാ സീത ദുഷ്ടം ശ്രുതം ഈ രണ്ടടയാളങ്ങളിലൂടെ എന്താണ് സ്പർശിച്ചറിയുന്നു കേട്ടറിയുന്നു ഈ രണ്ടടയാളങ്ങളിലൂടെ ഉള്ളിലിരിക്കുന്ന പുരുഷനെ അറിയാൻ കഴിയുന്നു അത് ചെവിയിൽ അടച്ചിട്ട് കേൾക്കാൻ പറഞ്ഞ എന്തുകൊണ്ട് കാരണം ശബ്ദം പുറത്തു നിന്നും വരാം അത് ഉള്ളിലുള്ള ശബ്ദം തന്നെ ആയിരിക്കണം എന്നല്ല അപ്പോൾ പുറമേ നിന്നുള്ള ശബ്ദത്തെയാണ് കേൾക്കുന്നതെങ്കിൽ അത് ഉള്ളിലിരിക്കുന്ന പുരുഷന്റെ അടയാളം ഒന്നിനെ ആകും ആകത്തില്ല അതുകൊണ്ട് പറഞ്ഞു ചെവി അടച്ചിട്ട് കേൾക്കുകയാണ് ചെവി അടച്ചു കഴിഞ്ഞാൽ പുറമേന്ന് ശബ്ദം വരത്തില്ല പിന്നെ ശബ്ദമുള്ള ഉള്ളിൽ മാത്രം അപ്പൊ ഉള്ളിൽ കേൾക്കുന്ന ഈ ശബ്ദം ഉള്ളിലുള്ള ഒന്നിന്റെ അടയാളമാണോ പുരുഷന്റെ അടയാളമാണ് പുറമേ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ പുറമേയുള്ള എന്തിന്റെയും അടയാളമാകും അതുകൊണ്ട് പറഞ്ഞു ചെവി അടച്ചിട്ട് കേൾക്കുക അപ്പോൾ പുറമേകൾ ഒന്നിൻ്റെ അടയാളമുള്ള തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പുരുഷൻ്റെ അടയാളമാണ് ആ ശബ്ദം നാദവുപാസനയിലും മറ്റും യോഗികൾ ഈ ശബ്ദത്തെയാണ് ചെവി ഉള്ളിലുള്ള ശബ്ദത്തെയാണ് ഉപാസിക്കുന്നത് ധ്യാനിക്കുന്നത് ആ ശബ്ദത്തിലൂടെ ആ പുരുഷനെ പ്രാപിക്കാൻ കഴിയുന്നു എന്നാണ് യോഗിയുടെ സിദ്ധാന്തം അത് തന്നെ ഇവിടെ പറയുന്നു അടയാളമായിട്ട് യുക്തിയായിട്ട് പറയുന്നു ആ പുരുഷന്റെ അടയാളമാണ് ദുഷ്ടൻ വിശ്രദ്ധം ചേത്യുപാസീത തഥാ ഉപാസന ചക്ഷുഷു ഇനി ഇവിടെ പറയുന്നു ഇത് ആ തത്വത്തെക്കുറിച്ച് പറഞ്ഞു ഇനി അങ്ങനെ ധ്യാനിക്കുന്നു ഈ പുരുഷൻ ദുഷ്ടനാണ് ശ്രുതനാണ് അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിലൂടെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം അങ്ങനെ ധ്യാനിക്കുന്നതിനുള്ളതാണ് തദ്ദേ ശ ശ്രുതഞ്ച ഇങ്ങനെ വാശി കഴിഞ്ഞാൽ എന്താ ചുഷ്യോ ദർശനീയ ശ്രുതോ വിശ്രുത അവൻ ദർശനീയനായിത്തീരുന്നു കാണാൻ യോഗ്യനായിട്ടു പരമസുന്ദരനായിട്ടിരുന്നു എല്ലാ തരത്തിലും ശരീര സൗന്ദര്യം മാത്രമാണ് ശ്രുതോവിശ്രുതശ്ച അവൻ കീർത്തി കേട്ടവനായിത്തീരുന്നു അത് ഉപാസനുള്ള തലം സ്പർശ ഗുണോ ഉപാസന നിമിത്തം ഫലം തത് രൂപ സമ്പാദി ചക്ഷുഷി ആ സ്പർശുപാസന അതിന്റെ ഫലവും പറയും രൂപസ്പർശയു സ്വഭാവിത്വ ചുഷനായിട്ടിരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ധൂസ്പർശം ഒരുമിച്ചിരിക്കുന്ന അഗ്നിയിലെ രൂപസ്പർശങ്ങളൊക്കെ ഇഷ്ടത്വാശ്ചാ ദർശനീയതായ മാത്രമല്ല ദർശനീയമായത് കാണാൻ ഇഷ്ടമായത് യോഗ്യമായതെല്ലാം ജീവനിഷ്ടവുമാണ് ഏമഞ്ച വിദ്യായ ഫലവും മൃദുത്വാദിസ്പർശോത്രി അങ്ങനെയാണെങ്കിൽ വിദ്യയുടെ ഫലം ശരിയാകൂ കേവലം മൃദുത്വാദിസ്പർശം അങ്ങനെ എടുത്താൽ പോരാ സയാഥോ ഏവോക്ത ഗുണവീത സർവലോകൃതിപത്തി അധിഷ്ഠം അധിഷ്ഠമായ ഫലം എന്ന് പറയുന്നത് തത്വജ്ഞാനന്ദൻ അത് ഉപാസനയുടെ പ്രകടനത്തിനും ഭാഷകാരം പറയുന്നു ഈ പറയുന്ന കാര്യങ്ങളിൽ തത്വങ്ങളും പറയുന്നു നമ്മുടെ ഇപ്പോ തത്വത്തെയാണ് പറഞ്ഞത് അതിനെന്താ ഉപാസന സന്ദർഭത്തിലാത്തും പറഞ്ഞെന്താ പറയുന്നു തത്വ ഫലം തത്വജ്ഞാനം തന്നെ പിന്നെ അത് ഉപാസിക്കാൻ പറയുന്നതിന്റെ ഫലം അത് അതിഷ്ടഫലം എന്താണോ പറഞ്ഞിരിക്കുന്നത് ദർശനീയനായിത്തീരുന്നു വിശ്രുതനായിത്തീരുന്നു പോലെയുള്ള അതിഷ്ടഫലങ്ങൾ ഉപാസനയുടെ ഫലമായും ദുഷ്ടഫലം തത്വജ്ഞാനത്തിന്റെ ഫലമായും തത്വവിവേചനത്തിന്റെ ഫലമായും വരുന്നു ഉപാസനാപൂർണത്തിൽ തന്നെ തത്വവിചാരമുണ്ടെന്ന് ചുരുക്കാം അടുത്തുവരുന്ന ഭാഗവും പ്രധാനപ്പെട്ടതാണ് സർവം ഖലിതം ബ്രഹ്മാധി ശാന്തോപാസീത അധ ഖലു കതുമയ പുരുഷ യഥാരസ്മൻ ലോകെ പുരുഷവീ തഥാ ഇത പ്രീത്യഭവതി സക്തും കുറവീതമായൊരു വാക്യമാണ് സർവംഖലിതം ബ്രഹ്മം ധാരാളം കേൾക്കുന്നതാണ് ധാരാളം പറയുന്നതാണ് ഈ വാക്യത്തെ ആശ്രയിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അദ്വൈതത്തിൽ തന്നെ ഇതിന് പ്രത്യേകമായ അർത്ഥം പറയും ഭക്ഷ്യകാര്യ കൂടുതൽ അർത്ഥം പിൽക്കാലത്തുള്ള ആചാര്യന്മാരെന്ന് പറയുന്നുണ്ട് ബ്രഹ്മത്തിന്റെ ഏകത്വം സർവവ്യാപകത്വം പൂർണ്ണത ഇതിനെല്ലാം പ്രമാണമായിട്ടാണ് ഈ വാക്യത്തെ ഉദ്ധരിക്കുന്നത് സർവവും ആ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു സർവംഖലിതം ബ്രഹ്മ അപ്പൊ സർവവും ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ സർവത്തെയും ബ്രഹ്മമാക്കുകയല്ലേ ആദ്യ സർവത്തെ അംഗീകരിച്ചത് എന്നിട്ടാണ് പറയുന്നത് ഇതൊക്കെ ബ്രഹ്മമാണെന്നപ്പോൾ സർവമുണ്ട് ബ്രഹ്മം ഉണ്ടെന്ന് പറയും വരത്തില്ലേ അതിന് പറയുന്നു അത് അതുപോലെ തന്നെ പുരുഷോയും സ്ഥാണുഹു എന്ന് പറയുന്ന പോലെയാണ് മന്ദാന്ധകാലത്തിൽ കുറ്റിയെ കണ്ടിട്ടൊരാൾ ഭ്രമിച്ച പുരുഷനാണ് വിളിച്ചു പോയാൾ പറയുന്നു പുരുഷവും സ്ഥാണുഹു ആ പുരുഷൻ സ്ഥാണുവാണ് എന്ന് പറഞ്ഞാൽ പുരുഷനെ അംഗീകരിക്കുന്നു സ്ഥാണുവിനെ അംഗീകരിക്കുന്നു എന്നല്ല പുരുഷ സ്ഥാനവും പറയുമ്പോൾ പുരുഷനെ നിഷേധിച്ചിട്ട് സ്ഥാണുവിനെ അംഗീകരിക്കുന്നു അങ്ങനെ ബാധു സമാനാചരണമൊന്നും മറ്റും സാങ്കേതികമായി പറയും ഇവിടെ സർവം ബ്രഹ്മ രണ്ടും ഒരു വിഭക്തി പറഞ്ഞിരിക്കുന്നു അപ്പോൾ അഭേദമായ അർത്ഥം പറഞ്ഞു സർവവും തന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞു സർവം നാനാണ് ബ്രഹ്മം ഏകമാണ് ഇപ്പം നാനാത്വം തന്നെ ഏകത്വം അത് യോജിപ്പിക്കാൻ പറയാൻ പറ്റത്തില്ല രണ്ടു തന്നെ ഒന്നെന്ന് പറയുമ്പോൾ ഇരിക്കും അതങ്ങനെ ശരിയാകും രണ്ടു തന്നെ ഒന്നും സർവംഖലിതം ബ്രഹ്മ രണ്ടു തന്നെയാണ് ഒന്ന് അന്ന് വരും പാശ്ചാതത്തെ എടുത്തു കഴിഞ്ഞു ഇവിടെ എല്ലാ രണ്ടിനെ നിഷേധിച്ചേ ഒന്നാക്കാൻ പറ്റും ഒന്നാകാൻ പറ്റും അങ്ങനെ വരുന്നതിനും പറയുന്നു സമാനം രണ്ടിനെ നിഷേധിക്കുന്നു സർവം ആ സർവത്തെ നിഷേധിക്കുന്നു മറിച്ച് പറയുന്നു ഏകം ബ്രഹ്മ ഒന്ന് ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബാധിച്ചിട്ട് സമർത്ഥിക്കുന്നു അതിന് ഉദാഹരണമായിട്ട് മറ്റ് ശാസ്ത്ര ചരച്ച വരുന്നാളത്തെല്ലാം ഈ വാക്യത്തെ ഉദാഹരിക്കാറുണ്ട് കക്ഷികാരൻ ഇത് ഉപാസന പ്രകൃതി വന്നതുകൊണ്ട് അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല ആവശ്യമുള്ള അത്ര മാത്രമേ ഉള്ളൂ സർവം ഖലിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്തോപാസീത അഥ കയ പുരുഷോ യഥുരസ്ോകെ പുരുഷോ തധി പ്രേത്യവ്രീത